നിങ്ങൾ കരാറ് ചെയ്താൽ അല്ലാഹുസുബഹാനഹുവ ചായാലുമായുള്ള ഖരാറുകൾ നിങ്ങൾ പാലിക്കുക ഉറപ്പിച്ചു പറഞ്ഞതിനു ശേഷം സത്യങ്ങൾ നിങ്ങൾ ലംഘിക്കരുത് അല്ലാഹു സുബഹാനഹുവ ചായാലങ്ങൾ നിങ്ങളുടെ മേൽ സാക്ഷിയാക്കിയിരിക്കുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹുസുബഹാനഹുവ ചായാലറിയുന്നു